ചാനേനം അതിഷ്ട്രൈകസമധിഗമ്യം ഫലം അനധികൃത പൌരോഹിത്യുദ്ധി ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കത്ത രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നുള്ള വലിയ തെളിവാണ് പ്രത്യക്ഷ ഫലമുള്ള കർമ്മങ്ങൾ ഇപ്പോ അരി അടുപ്പി വെച്ച് പാകം ചെയ്യും അവര് കാരണം അരി അടുപ്പിട്ട് പാകം ചെയ്തു കഴിഞ്ഞാൽ ചോറ് ദുഷ്ടം അർത്ഥം ഫലമാണ് ചോറ് അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ശക്ത പ്രവർത്തമാനഹ പ്രാപ്നോത് ഫലം അത് ആര് പ്രവർത്തിച്ചാലും ശക്തഹ അത് ചെയ്യാൻ ശേഷിയുള്ളവൻ പ്രവർത്തമാനഹ പ്രവർത്തിക്കുന്നവൻ ഫലം പ്രാപ്നോത് അവൻ ഫലം ഉണ്ടാവും വൈദ്യം പറയാണ് ഇതെന്താ വൈദ്യം പറയാണ് എല്ലാവർക്കും അറിയത്തില്ലേ ആര് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈദ്യൻ ചൂതൻ ആര് അരി അടുപ്പത്ത് വച്ച് പാകം ചെയ്താലും ഇതൊരു വലിയ സിദ്ധാന്തമായിട്ട് പറയുകയാണ് എന്നുവെച്ചാൽ എന്താണ് ഈ പറയുന്നത് ഈയൊരു കാര്യത്തിൽ ഇവരുടെ യാതൊരു തരത്തിലുള്ള തട്ടിപ്പുകളും നടക്കത്തില്ല ഇത് അംഗീകരിച്ചേ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയുടെ ഫലം പ്രത്യക്ഷമാണെങ്കിൽ ആ പ്രവൃത്തി ആര് ചെയ്താലും ഫലം ഉണ്ടാകും അപ്പോ ഇത് എല്ലാവർക്കും അംഗീകരിച്ചേ മനസ്സിലാക്കും അംഗീകരിച്ചേ മതിയാവും കാരണം പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഫലവും രണ്ടും പ്രത്യക്ഷമാണെങ്കിൽ അവിടെ ആർക്കും ഒരു തരത്തിലുള്ള തട്ടിപ്പുകളും അവിടെ പറയാൻ പറ്റത്തില്ല എന്നാൽ ദുഷ്ടത്വ ഫലം നേരിട്ട് കാണുന്നുണ്ട് ഇത് അംഗീകരിച്ചേ മതിയാവും ശരിക്കും കർമ്മവും ഫലവും തമ്മിലുള്ള ആ നിയമം ഇങ്ങനെയാണ് ഈ ലോകത്ത് ിലനിൽക്കുന്നു തെളിയിക്കപ്പെടേണ്ട എങ്ങനെയാണ് ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോ അതിനൊരു ഫലം ഉണ്ടാകും എന്താണ് ആ ഫലം എങ്ങനെയാണോ പ്രവൃത്തി പ്രത്യക്ഷമായിരിക്കുന്നത് അതുപോലെ അതിന്റെ ഫലവും പ്രത്യക്ഷമായി തന്നെ വരാം കാരണം എന്താണ് രണ്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഒരു പ്രവൃത്തി ഫലം എന്ന് പറയുന്ന രണ്ടു കാര്യങ്ങളും എന്താണ് അത് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി സംഭവിക്കുന്ന കാര്യമാണ് നമ്മളൊരു കല്ലെടുത്ത് മേളോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലെങ്ങോട്ട് പോകും തിരിച്ചു താഴെ തന്നെ വരുന്നതുണ്ട് അതിൻ്റെ ഒരു പ്രകൃതി നിയമുണ്ട് അപ്പൊ ഇത് ബ്രാഹ്മണ എറിഞ്ഞാലും ക്ഷേത്രം കഴിഞ്ഞാലും പരിശു കഴിഞ്ഞാലും എറിഞ്ഞാലും അത് അവന്റെ ജാതി അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നു അപ്പൊ ഇത്തരം ലൗകികമായ നിയമങ്ങളെ വൈദികനും അംഗീകരിച്ചേ പറ്റും അപ്പൊ ഇവിടെ ഒരു വലിയ ബുദ്ധി കാണിക്കുകയാണ് എന്താണ് ഇതൊക്കെ ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കാൻ പറ്റില്ല അതൊക്കെ അംഗീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യം അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സൗജന്യമല്ല ഇങ്ങനെ ഒരു നിയമത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് മനുഷ്യനെ കൊണ്ട് ദുഷ്ഫലമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക സ്വർഗത്തിനുവേണ്ടി യാഗം ചെയ്യിക്കുക ൊണ്ട് യാഗം ചെയ്താൽ പ്രവൃത്തിയല്ലേ സ്വർഗ്ഗഫലമുണ്ടാകുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അവിടെയാണ് മനുഷ്യൻ വിശ്വസിച്ചു ദുഷ്ടമായ പ്രവൃത്തിയും ദുഷ്ടമായ ഫലവും കാണുന്നത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയമായി നടക്കുന്ന ഒരു കാര്യമാണ് അത് അംഗീകരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പറയും ഇവരെന്തോ വലിയ സത്യം പറയുന്നവരാണ് ഈ പറഞ്ഞ സത്യമാണ് പക്ഷെ പിന്നെ അടുത്ത് പറയുന്നത് എന്താണ് അധിഷ്ഠാർദ്ധേഷം ശാസ്ത്രീക സമധി ഗമ്യം ഫലം അധിഷ്ഠമായ പ്രയോജനങ്ങളുള്ളത് എന്നുവെച്ചാൽ ഫലം പ്രത്യക്ഷമല്ല കർമ്മം പ്രത്യക്ഷം അതെന്താണ് ഇവരാദ്യം മുമ്പിൽ കാണിക്കുന്ന എന്താണ് കർമ്മവും പ്രത്യക്ഷമാണ് ഫലവും പ്രത്യക്ഷമാണ് എന്നിട്ട് പറയുന്നു ഇവിടെ ഈ കർമ്മത്തിന് ഫലവുമായിട്ടൊരു ബന്ധമുണ്ട് അതുപോലെ അധിഷ്ഠ അവിടെ ഫലം അധിഷ്ഠമാണ് അങ്ങനെയുള്ള കർമ്മങ്ങളും ഉണ്ടെന്നാണ് എന്ന ആര് പറയുന്നു വരും പറയാണ് അല്ലാതിന് ഒരു നിയമവും ഇല്ല ആ കാര്യത്തിൽ യാതൊരു ലൗകികമായ നിയമവും ഇല്ല ഒരു എഴുതി വെച്ചിരിക്കണം എന്താണ് കർമ്മങ്ങൾ അധിഷ്ഠമായ ഫലമുള്ള കർമ്മങ്ങളുണ്ട് അതിന് ശരി അങ്ങനെ മനുഷ്യന് കാണാൻ കഴിയാത്ത ഫലങ്ങളുള്ള പ്രവൃത്തികൾ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പല പ്രവൃത്തികളും ചെയ്യുന്നു പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ പ്രവൃത്തിയെ കുറിച്ച് തന്നെ നമുക്ക് ചിലപ്പോൾ ബോധമില്ലാതെ വരും ബോധപൂർവം അല്ലാതെയും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയാതെ വരും പക്ഷെ പ്രവൃത്തിയെ സംബന്ധിച്ചും ഫലങ്ങളെ സംബന്ധിച്ചും എന്താണ് അവിടെയൊക്കെ അവർ നിയമം നിലനിൽക്കുന്നുണ്ട് നമ്മളത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ അതാണ് ഭൗതികമായ നിയമങ്ങൾ ലൗകികമായ നിയമങ്ങൾ അതുള്ളത് കൊണ്ട് അദിഷ്ടമായ പ്രത്യക്ഷമല്ലാത്ത കർമ്മങ്ങളുണ്ട് അതെങ്ങനെ മനസിലാക്കാൻ ശാസ്ത്രഏക സമ ഞങ്ങൾ എഴുതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഏകസമ്മതി ഗ്യം അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ത്യാഗം ചെയ്ത എന്ന് പറയുമ്പോ ഇവിടെ എന്തെയാണ് മനുഷ്യനോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയാണ് ശാസ്ത്രത്തിലാണത് പറഞ്ഞിരിക്കുന്നത് അവിടെ വരുമ്പോ എന്താണ് പൗരോഹിത്യ ബുദ്ധിയോട് എല്ലാ ശാസ്ത്രങ്ങളും പുരോഹിതന്മാരും എല്ലാ ശാസ്ത്രങ്ങളും ആ ശാസ്ത്രത്തിലൂടെ മാത്രം അറിയാവുന്ന ഫലം അങ്ങനെ ഒരു ഫലമുണ്ടെന്നാണ് അങ്ങനെ ഒരു ശാസ്ത്രം ആ ശാസ്ത്രത്തിൽ വരുന്ന കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾക്ക് ഫലമുണ്ട് എന്ന് ഇവരങ്ങ് ഇവർ സ്വയം ശാസ്ത്രം എഴുതി വെച്ചിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടെന്ന് പറയുന്നത് യാഗം ചെയ്താൽ സുരവം കിട്ടും അത് അനധികാരണി നയിച്ചത് അധികാരമില്ലാത്തവൻ അത് ചെയ്യാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് അധികാരമില്ലാത്തവൻ അത് ചെയ്യാൻ പാടില്ല ഇപ്പൊ ബ്രാഹ്മണന് അധികാരിയായിരിക്കുന്ന കർമ്മങ്ങള് എന്നാ പാകം ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാം ഫലവും പക്ഷെ ഞങ്ങളുടെ പ്രസവത്തിൽ ചില കർമ്മങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് ഞങ്ങൾ പറയുന്നവർക്ക് ചെയ്യാൻ പാടില്ല അപ്പോ ബ്രാഹ്മണം ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്താലേ അവനെ ഫലം കിട്ടത്തുള്ളൂ വേറെ ആരും ചെയ്താൽ ഫലം കിട്ടില്ല എന്തുകൊണ്ട് അത് തട്ടിപ്പായതുകൊണ്ട് അത് തട്ടിപ്പായതുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് ബ്രാഹ്മണൻ ചെയ്ത ഫലമുണ്ട് ഫലം എന്താണ് ഷ്ടമല്ല പ്രത്യക്ഷമല്ല ഫലം മരണശേഷമുള്ള ഫലമാണ് ഇപ്പോൾ ബ്രാഹ്മണന് ഫലമുണ്ടും മറ്റവനും ഫലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വിശ്വസിക്കേണ്ടി വരും വിശ്വസിപ്പിക്കുന്നു അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് അങ്ങനെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി എന്താണ് മനുഷ്യനെ കൊണ്ട് ഇന്നും ഓരോരോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു അത് ഓരോ വിധ്യബുദ്ധിയാണെന്നും ഈ നടന്നുവരുന്ന അധിഷ്ടപ്രയോജനമില്ലാത്ത അദിഷ്ടപ്രയോജനം ഉണ്ടാകുന്ന ഈ കർമ്മങ്ങൾ ചെയ്യുക അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും യാഗശാലകളിലായാലും മൊത്തം എല്ലായിടത്തും നടത്തുന്ന ഈ പ്രത്യക്ഷമായ ഫലം കിട്ടാത്ത ഈ നടക്കുന്ന എല്ലാ പരിപാടികളും പൌരോഹിത്യ തട്ടിപ്പാണ് ചിലർക്ക് ചെയ്യാൻ പാടുള്ളൂ ചിലർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പേടിയാക്കുകയാണ് ഇവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അനധികാരിക അധികാരിയല്ലാത്തത് ചെയ്യാൻ പാടില്ല ചെയ്ത ഫലം ഘട്ടത്തിൽ എന്നാ പറയുന്നു അതാണ് ഇതുവരെ പറഞ്ഞു വന്നത് എന്റെ ചുരുക്കം അപ്പൊ ഇതുവരെ ഇത്രയും പറഞ്ഞു വന്ന ഇന്ന് എന്ത് മനസ്സിലാക്കണം ഇതേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോടത്തെ മുഖ്യമായ വിഷയം ഉപാസനായ ഉപാസന അതിന്റെ കാര്യമായ സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തിന് കർമ്മങ്ങളുടെയൊന്നും അപേക്ഷയില്ല എന്നുവെച്ചാടെ ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കും അത് പറഞ്ഞു വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും വിശദമായിട്ട് ചർച്ച ചെയ്ത് അതുകൊണ്ട് വിദ്വാന് വിവാൻ എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വാനത്തെ അറിയുന്നു അവനാണ് നീതിയാസനം ചെയ്യുന്നത് അങ്ങനെ നീതിയാസനം ചെയ്യുന്നവന് സാക്ഷാത്കാരമുണ്ടാകും അതാണ് അതിന്റെ ഫലം അവിടെ അവനെന്താണ് അവന് കർമ്മത്തിന് അധികാരില്ല അതാണ് ഈ പറഞ്ഞു വരുന്നത് അവന് കർമാധികാരം എന്തുകൊണ്ട് അവൻ കർത്താവ് കർമ്മം കരണം ബലം ഇതെല്ലാം മിഥ്യ അറിയുകയാണ് അതിനൊന്നും അവന് അഭിമാനം ഇല്ല ഇല്ലാത്ത കൊണ്ടുതന്നെന്താണ് അവനതിന് ഇല്ല ഈ കർമ്മം ഞാൻ ചെയ്യേണ്ടവണ് എന്ന് അഭിമാനത്തോടുകൂടി ആ കർമ്മം ചെയ്യുന്നതിനാണ് അധികാരം എന്ന് ഈ കർമ്മത്തിന് ഇന്ന ഫലമുണ്ട് ആ ഫലം അതിനുവേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യണം ആ ചെയ്യുന്നതിന് ഞാൻ അധികാരിയാണ് എന്നുള്ള ആ അഭിമാനത്തോടുകൂടി കർമ്മം ചെയ്യുന്നവന് അതിനാണ് അവന്റെ അധികാരമെന്ന് പറയുന്നത് അപ്പൊ ഈ ബ്രഹ്മജ്ഞാനം ആണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയും ഇതിനെയാണ് അവൻ ആവർത്തിക്കുന്നത് അതാണ് നീതിഹാസം ഇത് ആവർത്തിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്ന എന്താണ് ഞാൻ കർത്താവല്ല എനിക്ക് കർമ്മമില്ല എനിക്ക് ഫലമില്ല ഈ ഭേ ഇതെല്ലാം അസത്യമാണ് എന്നൊക്കെ അറിയുന്നവന് എന്താണ് അവന് അവന് അധികാരിയല്ല കർമ്മം ചെയ്യുന്ന അവന് അധികാരമില്ല അതുകൊണ്ടവൻ കർമ്മം ചെയ്യുന്ന പ്രശ്നമേ കൊതിക്കുന്നില്ല അതുകൊണ്ടവൻ കർമ്മം ചെയ്യാത്ത കൊണ്ട് തന്നെ അവന്റെ ആ നീത്യാസനത്തിന്റെ ഫലമായ സാക്ഷാത്കാരത്തിന് കർമ്മം കൊണ്ടൊന്നും ആവശ്യം ഇല്ല അവൻ കർമ്മം ചെയ്യുന്നില്ലല്ലോ പിന്നെങ്ങനെ കർമ്മം കൊണ്ട ആവശ്യം വരും അത് വിശദീകരിക്കാനാണ് പറഞ്ഞത് കർമ്മങ്ങൾ ചെയ്യുന്നതിനും എല്ലാം പ്രത്യേകം പ്രത്യേക അധികാരികളാണ് ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിന് ബ്രാഹ്മണനാണ് അധികാരി ക്ഷത്രിയൻ ചെയ്ത ക്ഷത്രിയനധികാരി വൈശ്യൻ ചെയ്ത വൈശ്യനധികാരി ശുദ്ധന് ശൂദ്ധൻ്റെ കർമ്മങ്ങളാണ് ഇങ്ങനെ വിഭാഗം ചെയ്തു വച്ചിട്ടുണ്ട് ഓരോ ജാതികൾക്കുമായിട്ട് ബ്രഹ്മജ്ഞാനിക്ക് ഒരു കർമ്മത്തിലും യാതൊരു അധികാരവും ഇല്ല അതുകൊണ്ട് സാക്ഷാത്കാരമായിട്ട് ഒരു കർമ്മങ്ങളെയും സമുച്ചയിപ്പിക്കാൻ പറ്റത്തില്ല നിർത്തും ഉപാസനീദ്യാസന എന്റെ കാര്യം എന്ന് പറയുന്ന സാക്ഷാത്കാരം കർമാവേക്ഷില്ല അവിടെ കർമ്മ സമുച്ചയം അപ്പം ബ്രഹ്മജ്ഞാനി വ്യത്യാസം മാത്രം ചെയ്തുകൊണ്ടിരുന്ന സാക്ഷാത്കാരം ഉണ്ടാവും അവിടെ കർമ്മം ചെയ്യണ്ട എന്നുള്ള നിലപാടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിലപാട് ഇത് തന്നെയാണ് കർമ്മത്യാഗം മനസ്സിലായോ അഹം ബ്രഹ്മാസ നിരന്തരം ിക്കുകയാണ് നിധിധ്യാസനം നിതിധ്യാസനം ശങ്കരായ പക്ഷമാണ് ഇവിടെ എന്നാൽ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് ജഗതാമിതം കരോതി വിധിവത് കർമ്മം ബ്രഹ്മ ബ്രഹ്മജ്ഞാനിയും കർമ്മം വിധിവത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ീ പറയുന്ന ആശയം എവിടെ നിന്ന് പിന്നെ വന്നു ശങ്കരാചിനെ പറയുന്നു ബ്രഹ്മജ്ഞാനിയും കർമ്മം ചെയ്യണോന്നുള്ള ആശയം പിന്നെ എവിടെ നിന്ന് വന്നു ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നു ആശ്രമം പറയുന്ന എവിടെ പറഞ്ഞിരിക്കുന്നു ദർശനമാണ് ഇത് യോഗവാസിഷ്ടത്തിന്റെ ആശയമാണ് യോഗവാസിഷ്ടത്തിൽ നിരന്തരം പറയുന്ന ഇതാണ് കർമ്മം ചെയ്യണം വേണമെങ്കിൽ പറയുന്നുണ്ട് അത് ദർശനവാദി പിന്നീട് പറയുന്നുണ്ട് വരൻ മരിയാൻ മരി പക്ഷേ ബ്രഹ്മജ്ഞാനി കർമ്മം ചെയ്യണമെന്നു അല്ലെങ്കിൽ സമാധിയിലിരുന്നു കർമ്മം ചെയ്യാതെ ഇരിക്കാം പക്ഷെ ശങ്കരാചാര്യ പറയുന്നത് എന്താണ് ബ്രഹ്മജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല കർമ്മങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് നിർബന്ധമാണ് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല പിന്നെ ആകെ ചെയ്യാന്നുള്ള ഓർമ്മ ഏതാണ് നീത്യാസനം ചെയ്യുന്ന ഭക്ഷണം വേണ്ടി വെള്ളവും കുടിക്കണ്ടി ഇതാ വീത്യാസന അതിനു വേണ്ടിട്ട് ഭക്ഷാണ് ഇതാണ് രണ്ടുപേരും നമ്മുടെ വ്യത്യാസം ശങ്കരായ പറഞ്ഞ അദ്വൈതം തന്നെ പറയുന്നു എന്നൊക്കെ പറയുമ്പോ എവിടെയാണ് അത് പറയാത്തന്നുകൂടെ മനസിലാവും ചങ്കരഹർക്ക് ഇതിന്റെ വാശിയാണ് എന്താണ് ബ്രഹ്മം ഞാൻ ചെയ്യാനേ പാടില്ലാ പറ ഉപേക്ഷിക്കും പാടേ ഉപേക്ഷിക്കും ഗുരുവിനങ്ങനെ അഭിപ്രായം ഇല്ല അത് വാസിഷ്ടത്തിന്റെ സ്വാധീനം ആണെന്ന് മനസ്സിലാവും അതെ പറയുന്നു ശരി ആയിക്കോട്ടെ അതങ്ങനെ ഇരിക്കട്ടെ വരുമ്പോൾ ഞാൻ കർമ്മം ചെയ്യണ്ട കർമ്മ സമുച്ചയ ശരി എന്നാൽ മനുഷ്യാരിക അനധികാര മനുഷ്യ അഭിമാനം ഉള്ളവൻ അവൻ ചെയ്യേണ്ട വിഹിതമായ കർമ്മങ്ങളിൽ അവനല്ലേ അധികാരമുള്ളു തത് അഭിമാനരഹിത ആ മനുഷ്യാഭിമാനമില്ലാത്തവന് അധികാരമില്ല മനുഷ്യാഭിമാനം പറയുമ്പോൾ പ്രത്യേകം എടുക്കണം ബ്രാഹ്മണാഭിമാനം ക്ഷത്രിയാഭിമാനം പൈസാഭിമാനം ഈ അഭിമാനങ്ങളെടുത്തുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ മനുഷ്യാഭിമാനം എന്ന് പറയുന്നത് മനുഷ്യരെ മൂന്ന് ജാതികളായി തിരിക്കുകയാണ് ബ്രാഹ്മണാഭിമാനം ക്ഷത്രിയാഭിമാനം ശുദ്ധന്റെ കാര്യത്തിൽ ഈ കർമ്മങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ടാണ് അത് പറയാത്ത വൈദിക കർമ്മം വരത്തില്ല ഇവിടെ പറയുന്ന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചു അപ്പൊ മനുഷ്യ അഭിമാനം ഉള്ളതായ ആധികാരികമായ അധികാരികൾ അനുഷ്ഠിക്കേണ്ടതായ ഭീതകർമ്മങ്ങൾ പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങൾ അതില് തത് അഭിമാനരഹിതസ്യ അങ്ങനെ അഭിമാനം അത് കർമ്മത്തിൽ അധികാരം ഇല്ല നിർത്തും അല്ല അധികാരം ഇല്ലെന്ന് പറഞ്ഞാൽ അഭിമാനം ഇല്ലാത്ത ആർക്കും അധികാരമില്ല കർമ്മത്തില് പശു ശൂദ്രാദികൾക്ക് നേരത്തെ പറഞ്ഞു അത് ശൂദ്രനും മനുഷ്യാഭിമാനം ഉണ്ടെങ്കിലും അത് മാത്രം പോലെ പിന്നെ എന്തുവേണം പിന്നെ മനുഷ്യാഭിമാനശൂദനുണ്ട് എന്തായാലും കർമ്മം ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ പൈസാഭിമാനമില്ല പിന്നെ പശു മൃഗങ്ങൾക്ക് മനുഷ്യ അധികാരം മനുഷ്യാഭിമാനമില്ല അപ്പൊ അവർക്കൊന്നും അധികാരമില്ല വൈദികമായ വിധിച്ച കർമ്മങ്ങൾ ഏം നിഷേധ മനുഷ്യാധികാര ഇനി നിഷേധങ്ങളെ നോക്കുക ബ്രാഹ്മണോ നഹന്തവ ബ്രാഹ്മണനെ കൊല്ലരുത് ബ്രാഹ്മണൻ കൊല്ലരുത് കടുവയോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ട് അപ്പൊ പറഞ്ഞിരിക്കുന്ന ആരോട് മനുഷ്യ അഭിമാനം ഉള്ളവനോടാണ് അത് മനുഷ്യാഭിമാനമുള്ള എല്ലാരോടും പറഞ്ഞിരിക്കും ബ്രാഹ്മണനെ കൊല്ലരുത് മനുഷ്യാഭിമാനം എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പം പറഞ്ഞെന്താണ് മനുഷ്യ നിഷേധ വിഷയവും നിഷേധ വിധികളും എന്താണ് മനുഷ്യ അധികാര അതിലും മനുഷ്യനാണ് അധികാരം മൃഗങ്ങൾ അല്ല ഉദാഹരണം പറഞ്ഞു ബ്രാഹ്മണവും നഹർത്തവും അതെല്ലാം മനുഷ്യർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ് നിഷേധം ആരും തന്നെ ബ്രാഹ്മണൻ കൊല്ലാൻ പാടില്ല ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്ന ആര് പറയുന്നു ബ്രാഹ്മണൻ പറയുന്നു ബ്രാഹ്മണൻ തന്നെ എഴുതി വെച്ചെടുത്ത് പറയണം ബ്രാഹ്മണന്ന് കൊല്ലം വേറെ ആരെയാണോ കൊല്ല അപ്പൊ ഈ നിയമമാണ് പഴയകാലത്ത് രാജാക്കന്മാരും നടപ്പിലാക്കിന്ന് അതുകൊണ്ട് ബ്രാഹ്മണൻ എത്ര നികൃഷ്ടമായ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല അടുത്ത കാലം വരെ നിലവിലിരുന്ന ഒരു നിയമമാണ് ഈ നിയമം പിന്നെ ആരാ മാറ്റിയത് ബ്രിട്ടീഷുകാരൂടെ വന്നിട്ടാണ് മാറ്റിയത് അവര് വന്നിട്ടാണ് ചെയ്തത് ബ്രിട്ടീഷുകാരു കൂടെ വന്ന് അവരുകൂടെ ഭരണകേറ്റെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ചെയ്ത നിയമപരിഷ്കാരം അവര് കൊണ്ടുവന്നിയമപരിഷ്കാരത്തിലാണ് ഈ മാറ്റം കൊണ്ടുവന്നത് അങ്ങനെ ജാതി അനുസരിച്ചല്ല ശിക്ഷ എത്തിക്കുകയുണ്ട് പിന്നെങ്ങനെ അവനവന്റെ കുറ്റം അനുസരിച്ചിട്ടാണ് ആ കുറ്റം അനുസരിച്ച് ഏത് ജാതിക്ക് ശിക്ഷ അവര് നിയമം കൊണ്ടുവന്നു അതിവിടെ അവരംഗീകരിക്കുന്നത് ഇവിടെ ഉള്ള കാര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ജാതി പക്ഷെ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷ അവര് പറഞ്ഞപ്പോൾ അവിടെ ജാതി നോക്കിയല്ല കുറ്റം നോക്കിയിട്ടാണ് അതുവരെ ഈ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ജാതി നോക്കിയിട്ടാണ് രായക്കന്മാർ ഭരിക്കുമ്പോൾ എന്തു ചെയ്യും ബ്രാഹ്മണരെ ക്രൂരകൃത്യം ചെയ്താലും അവനെ കൊല്ലത്തില്ല അത് നിയമം പിന്നെ ചിലതൊക്കെ വന്നിരിക്കുക വേറെ കാര്യം കൊന്നിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ നിയമം അതായിരുന്നു ചിലപ്പോൾ അത് വച്ചുകൊണ്ട് ബ്രാഹ്മണയും ചിലപ്പോൾ കൊന്നിരിക്കും അത് മറ്റൊരു കാര്യം ബ്രാഹ്മിണ പാടുകൊടുത്തുകൊണ്ട് ഇദ്ദേശം ഇറങ്ങി അവരെ കൊല്ലും ദ്രോണരെ കൊന്നില്ലേ കസയില്ല അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ നിയമം ഇതായിരുന്നു അപ്പം നിഷേധവിധി എന്ന് പറയുന്നത് മനുഷ്യനാണ് ഹിതേഷമാനരഹിതം മനുഷ്യ അഭിമാനം ഇല്ലാത്ത ഒരുത്തന് തേശു അഭി നിഷേധവിരീതം അധികാരമില്ലാത്തവരും ഏതുപോലെ പശുവാദിക മൃഗങ്ങളെ പോലെ അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ് ബ്രഹ്മജ്ഞാനിക്ക് വേദവിധികളൊന്നും ബാധകമേ അല്ല എന്തുകൊണ്ട് മനുഷ്യാഭിമാനം പോലോടെ ഇല്ല അപ്പൊ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളെ ചിന്തിക്കുന്ന അങ്ങനെയാണെങ്കിൽ നിഷേധവിധികൾ ബ്രാഹ്മണനെ കൊല്ല കൊല്ലനും മറ്റും പറയുന്ന ആ നിഷേധവിധികൾ ബ്രഹ്മജ്ഞാനിക്ക് ബാധകമാണോ അതാണ് കൂടെ ചോദ്യം കാരണം നിഷേധ വിധികളും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് കടുവയോട് പറയൂ ബ്രാഹ്മണനെ കൊണ്ടു മനുഷ്യനോടാ പറഞ്ഞിരിക്കുന്നു അപ്പൊ മനുഷ്യ അഭിമാനം ഇല്ലാത്തവനാണ് ആര് ഞാൻ അപ്പൊ അയാൾക്ക് നിഷേധ വിധികൾ അയാളിൽ ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണോട്ട് സുര പിബേ മദ്യം കുടിക്കരുത് ഒരു നിഷേധവിധിയാണ് ഇപ്പം ബ്രഹ്മജ്ഞാനിക്ക് ദേഹാഭിമാനം ഇല്ല എന്നുവെച്ച മനുഷ്യാഭിമാനം ഇല്ല അപ്പൊ ഈ നിഷേധം ആർക്കു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സുരാമിന്റെ പിബേ എന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യഭിമാനം ഇപ്പം ബ്രഹ്മാന് കുടിക്കുന്നു കുടിക്കാതിരിക്കുന്നു എങ്ങനെ കുടിക്കാം വെരുമ്പി മനുഷ്യ അഭിമാനമേ ഇല്ല ഇപ്പൊ ഈ നിഷേധം ബാധകമാണോ ഇപ്പൊ കുടിക്കുക കുടിക്കാതിരിക്കും അങ്ങനെ രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു നിഷേധം ആർക്കു വേണ്ടിട്ടുള്ളതാണോ നിഷേധം എന്ന് പറയുന്ന ആർക്ക് വേണ്ടിട്ടാണ് മനുഷ്യാഭിമാനം ഉള്ള ആളാണ് അപ്പൊ മനുഷ്യ അഭിമാനം ഇല്ലാത്ത ഒരാളിന് നിഷേധം അപ്പൊ കുടിക്കാതിരിക്കും കുടിക്കാം മനസിലാവേ കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാഭിമാനമുള്ളവര് ആക്കാണ് ബ്രഹ്മജ്ഞാനിക്ക് മനുഷ്യാഭിമാനം ഇല്ല അപ്പൊ കുടിക്കരുതെന്ന് പറയുന്ന നിഷേധ അയാൾക്ക് ബാധവാണോ അല്ല അപ്പൊ ബ്രഹ്മജ്ഞാനിക്ക് കുടിക്കാമോ കുടിക്കാം ഇതാണ് ചുചരിക്കില്ല ചില ബ്രഹ്മജ്ഞാനികളുടെയൊക്കെ വാദം കേട്ടിട്ടുണ്ട് ബ്രഹ്മജ്ഞാനികളുണ്ട് കുടിക്കുന്ന ബ്രഹ്മജ്ഞാനികൾ അവര് പറയുന്നെന്താണ് ഞങ്ങൾക്ക് അഭിമാനമില്ല മനുഷ്യാഭിമാനം ഇല്ല കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരോട് മനുഷ്യരോടാണ് ഞങ്ങൾ മനുഷ്യരല്ല ബ്രഹ്മമാണ് അപ്പോ ആ കുടിക്കരുതെന്ന് പറയുന്ന ആ നിഷേധം ഞങ്ങൾക്ക് ബാധകമല്ല അതുകൊണ്ട് ഞങ്ങൾ എന്തെയും കുടിക്കും ചർച്ച ചെയ്യുന്നു ഇപ്പൊ ബ്രഹ്മജ്ഞാനി കുടിക്കോ കുടിക്കത്തില്ല എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞതിനനുസരിച്ച് വിധി എന്ന് പറയുന്നത് മനുഷ്യ അഭിമാനമുള്ളവനാണ് നിഷേധവും മനുഷ്യ അഭിമാനമാണ് കാരണം ഇപ്പൊ ശ്രാമന് മദ്യം കുടിക്കരുതെന്ന് പട്ടിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് പട്ടിയുടെ മുമ്പ് ചെന്ന് നീ മദ്യം കുടിക്കരുത് പറഞ്ഞാൽ നല്ല കാര്യം എന്തുകൊണ്ട് അത് മനുഷ്യാഭിമാനം ഇല്ലാത്തവണ് മനുഷ്യാഭിമാനമുള്ളവനാണ് നിഷേധം പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ മനുഷ്യാഭിമാനം ഉള്ളതെന്ന് പറഞ്ഞാൽ വിധിയും നിഷേധവും മനുഷ്യനാണ് അതിൽ പിന്നെ ഉള്ളിൽ ജാതികളൊക്കെ വരുമെന്നുള്ളതേ ഉള്ളൂ പൊതുവേ മനുഷ്യനും അവരൊക്കെ മനുഷ്യരും എല്ലാവരും മനുഷ്യരും ബാഹ്യരും മനുഷ്യരല്ല എന്ന് പറയുന്നത് അപ്പൊ വിധി നിഷേധങ്ങളൊക്കെ അവർക്ക് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ മനുഷ്യരെന്ന് പറയുമ്പോ അതിനകത്ത് പിന്നെ എന്തുവരും ജാതികൾ വരും പിന്നെ ആ വിധി ഇന്ന ജാതിക്ക് ഇല്ല ഇന്ന ജാതിക്ക് ഇല്ലെന്ന് വരും ശൂദ്രാദികൾക്ക് വൈദ്യ കർമ്മങ്ങൾ വിധിച്ചിട്ടില്ല മനുഷ്യരല്ലാത്തോണ്ടല്ല അവർക്ക് മനുഷ്യ പക്ഷേ എന്തുകൊണ്ട് അവർക്ക് വിധിച്ചില്ല വിധികർമ്മങ്ങളൊക്കെ വിധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദ്വിജാതികൾക്ക് വേണ്ടി അതുകൊണ്ടാണ് അവർക്ക് അധികാരമില്ലാത്ത അല്ലാതെ അവര് മനുഷ്യരില്ലാന്ന് പറയാൻ പറ്റും അവർക്ക് മനുഷ്യര് തന്നെയാണ് മനുഷ്യ അഭിമാനമുള്ളവനാണ് വിധി പൊതുവേ പറയാം പിന്നെ അത് ജാതികൾക്ക് പ്രത്യേക പ്രത്യേക വിധി കഴിഞ്ഞു രാജസ്വയം ക്ഷത്രിയനേ ഉള്ളൂ വൈശ്യ സ്തോമം വൈശ്യനേ ഉള്ളൂ ബ്രാഹ്മണന് ബ്രാഹ്മണൻ പറഞ്ഞിട്ടുള്ള നിത്യാഗ്രഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ജാതികൾക്കും ഓരോ കർമ്മങ്ങളുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ മനുഷ്യാഭിമാനമുള്ളവനാണ് നിഷി വിധി അങ്ങനെയാണെങ്കിൽ വിരിച്ച കർമ്മങ്ങൾ മനുഷ്യാഭിമാനമുള്ളവര് അവരവരുടെ ജാതിക്കനുസരിച്ച് ചെയ്യണം പിന്നെ നിഷേധങ്ങൾ അങ്ങനെയാണെങ്കിൽ നിഷേധവും മനുഷ്യാഭിമാനമുള്ളവരെയുണ്ട് കണ്ണ് കുടിക്കരുതെന്ന് പറഞ്ഞു മനുഷ്യാഭിമാനം ഇല്ലാത്ത ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനിക്കത് പാകമാണോ കണ്ണു കുടിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് എന്തുകൊണ്ട് പാത മനുഷ്യാഭിമാനിയാ ബ്രഹ്മജ്ഞാനിക്ക് കുടിക്കാം എന്താ ദോഷം എന്താണ് ചോദിച്ചത് ാണ് അവര് തന്നെയാണല്ലോ ആജ്ഞയന്മാരായിട്ട് പിന്നെ ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്നത് അത് സുരെന്താ പറയുന്നത് സോമരസമാണ് യജ്ഞനുവദിച്ചിട്ടുള്ള കാര്യമാണ് യജ്ഞശ്രഷ്ട യജ്ഞ വിധിയനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മദ്യം എന്താ അതിനെ പൊളിപ്പിച്ച് മദ്യമാക്കിയാലേ അത് മദ്യമാകും മദ്യം സോമലത അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ രസം എടുത്തു കഴിഞ്ഞാൽ അത് മദ്യമുണ്ടാവും അതിന് ഏതൊങ്ങനെ ഉണ്ടല്ലോ കള്ളിൽ നിന്ന് ചെത്തി കള്ളെടുത്താൽ ലഹരി ഉണ്ടെ പൊളിപ്പിച്ചാലേ അതില് ലഹരി ഉണ്ട് അല്ലെങ്കിൽ അതിൽ ലഹരിയുണ്ട് മധുരക്കള്ളന്ന് പറയും ലഹരി ഏതു വർഷവും അതിനെ പൊളിപ്പിച്ചാല് അത് റമന്റേഷൻ നടക്കുമ്പോഴേ ലഹരി ഉണ്ടാവും കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിലും ലഹരി ഉണ്ടാക്കാം അതല്ല ഇവിടെ പറയുന്നത് എന്താണ് മനുഷ്യ അഭിമാനമുള്ളവനാണ് വിധി മനുഷ്യ അഭിമാനം ഇല്ലെങ്കിൽ അവന് വിധി ബാധവല്ല കർമ്മം ചെയ്യണ്ടെന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ നിഷേധമാർക്കാണ് മനുഷ്യാഭിമാനം ഉള്ളവനാണ് ബ്രഹ്മജ്ഞാനി മനുഷ്യ അഭിമാനമില്ല ഏതെങ്കിലും നിഷേധം അയാൾക്ക് ബാധകമാണോ എന്നുവെച്ചാൽ അതനുസരിക്കണോന്നാണ് അപ്പൊ മദ്യം കുടിക്കരുത് എന്ന് പറയുന്ന ഒരു നിഷേധമാണ് ബ്രഹ്മജ്ഞാനി അതനുസരിക്കണം ആണോ വേണ്ട എന്നുവെച്ചാ ബ്രഹ്മജ്ഞാനിക്ക് മദ്യം കുടിക്കാമോ അത് ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായി കുടിക്കാമോ കുടിക്കാൻ പാടില്ലേ ആ പിന്നെ പറയാത്ത വെച്ച് കുടിക്കും പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് മനുഷ്യ അഭിമാനമുള്ളവനാണ് നിഷേധം ബ്രഹ്മജ്ഞാനിക്ക് മനുഷ്യ അഭിമാനം ഇല്ല കുടിക്കരുത് എന്ന് പറയുന്ന നിഷേധം മനുഷ്യ അഭിമാനമുള്ളവനാണ് മനുഷ്യ അഭിമാനം ഇല്ലാത്തവൻ അങ്ങനെ ഒരു നിഷേധം ഉണ്ടോ ഇണ്ടോ ആ അപ്പൊ പിന്നെ കുടിക്കാം കാരണം എന്തു ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നതിനാണ് വിധി നിഷേധം എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യണം എന്തു ചെയ്യണ്ടെന്ന് തീരുമാനിക്കേണ്ടത് വേദത്തിന്റെ വിധിയനുസരിച്ചാണ് നമ്മുടെ മനസ്സിൽ തോന്നും പോലെയല്ല അപ്പോ വേദവിധിയനുസരിച്ച് പല കർമ്മങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല ജ്ഞാനിക്ക് എന്തുകൊണ്ടവന് മനുഷ്യാഭിമാനം ഇല്ല അപ്പം നിഷേധ കാര്യങ്ങളും അവന് ബാധകമല്ല എന്തുകൊണ്ട് മനുഷ്യാഭിമാനം ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികൾക്ക് കുടിക്കാതി മൃഗങ്ങളെ പോലെ അവരവരറിഞ്ഞാ മതി മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ട് അയാൾ അറിഞ്ഞാതി ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് എനിക്ക് ദേഹാഭിമാനം ഇല്ല അയാളറിഞ്ഞു പിന്നെയാണ്പോർന്ന് കുടിക്കണോ കുടിക്കണ്ടേ എന്നുള്ളതാണ് ഷാപ്പി കയറണോ വേണ്ടേ ഇവിടെ പറയുന്ന അനുസരിച്ച് എന്താണ് ഷാപ്പി കയറണം അഭിമാനം ഇല്ല അപ്പൊ നിഷേധം എനിക്ക് വേണ്ടിയിട്ടല്ല കാരണം ചെയ്യണമോ ചെയ്യണ്ടെന്ന് വിചാരിക്കേണ്ട സ്വബുദ്ധി അനുസരിച്ചല്ല പിന്നെയോ ഇനി നിഷേധം അനുസരിച്ചിട്ടു തഥാചാ അയം ഈ ബ്രഹ്മജ്ഞാനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയുടെയും നിഷിദ്ധം അനുതിഷ്ഠൻ നിഷിദ്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യും എന്തൊക്കെയാണോ നിഷേധിച്ചിരിക്കുന്നതെല്ലാം ചെയ്യും എന്തുകൊണ്ട് അയാൾക്ക് ബാധിക്കാത്തോണ്ടാണോ ഓ എന്താ കേട്ടോണ്ടിരിക്കുന്നു അഭിമാനം ഇല്ലാത്തോണ്ട് ബാധിക്കില്ലെന്നാണോ പറഞ്ഞത് സ്വപ്ന ലോകത്തിലൊന്നും കേട്ടരുത് അയാൾക്ക് അഭിമാനമില്ല അതുകൊണ്ട് നിഷേധം അയാളെ സംബന്ധിച്ചില്ല അയാളെ സംബന്ധിച്ച് നിഷേധം ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നിഷിദ്ധം അനുതിഷ്ഠൻ അയാള് എന്ത് ചെയ്യും മദ്യം കുടിക്കും പ്രത്യവേയാ അയാൾക്ക് പാപം ഉണ്ടാകത്തില്ല പ്രത്യേകം വെച്ചാൽ അയാൾക്ക് പാപം ഉണ്ടാകത്തില്ല ഏതുപോലെ തിരിയുകാദു കുടിച്ചത് അതിന് പാവം എല്ലാം ഉണ്ടാവും കള്ള് പശു കള് പറഞ്ഞെന്താ പാവം ആ അതുപോലെ തന്നെ ബലഭാഭിമാനം ഇല്ല മനുഷ്യാഭിമാനം ഇല്ല കുടിക്കുന്നു ഏ എന്തു കാണിച്ചാലും നിഷേധിച്ചിട്ടുള്ള ഏത് ചെയ്താലും പാപമില്ല അങ്ങനെ അത് വേറെ കാര്യം എന്നാ അന്ന് ഇല്ലല്ലോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാപമില്ല ഉണ്ടോ ഏരണഘടന അനുസരിച്ച് എന്തില്ല പാപം ഇല്ല പിന്നെ എന്തേ ഉള്ളൂ ശിക്ഷയുള്ളു പാപമെന്ന് പറയുന്ന പണ്ട് ഈ പുരോഹിതന്മാരെ ആൾക്കാരെ പറ്റിക്കാൻ ഉണ്ടാക്കി ഒരേർപ്പാടാണ് അങ്ങനെ പുണ്യം പാപം ഇങ്ങനെ രണ്ട് സംഗതികളില്ല മനസ്സിലായോ പുണ്യമെന്നോ പാപമെന്നോ പറയുന്ന രണ്ട് സംഗതികളില്ല ശരിയായ കർമ്മങ്ങൾ നിയമവിധേയമായി ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കിട്ടത്തില്ല കുറ്റം ചെയ്യുന്ന ശിക്ഷ കിട്ടത്തില്ല ഇത്രയേ ഉള്ളൂ പിന്നെ നിയമവിധേയമായി ജീവിക്കുന്നുണ്ട് അതായത് മനസമാനത്തോടെ ജീവിക്കാം അയാളെ പോലീസ് ഒന്ന് പൊക്കുന്നു കോടതിയിൽ ശിക്ഷ നേ വിചാരണ നേരിടുന്നു ഒന്നും ഭയക്കേണ്ട കാര്യമില്ല അപ്പോ നിയമവിധേയമായി ജീവിക്കുക പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പുണ്യത്തിന്റെ ആവശ്യമില്ല പിന്നെ നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അവിടെ പാപത്തിന്റെ ആവശ്യമില്ല അവിടെ ശിക്ഷയേ ഇപ്പൊ പാപത്തിന്റെ ഫലമായി ഒന്നും അങ്ങനെ ഇല്ല പുണ്യത്തിന്റെ ഫലമായി ഒന്നില്ല അപ്പൊ പുണ്യവും പാപവും കൊണ്ടുവരികയും പുണ്യഫലമായി സ്വർഗവും പാപഫലമായി നരവും എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി ഈ പൗരോഹിത്യ തട്ടിപ്പാണ് അതുകൊണ്ട് പുണ്യം പാപം അങ്ങനെയൊന്നുമില്ല തെറ്റിന് ശിക്ഷം ബാഹ്യമായിട്ടായിരിക്കും അങ്ങനെ നിയമത്തിൽ വിചാരണ ചെയ്ത് ശിക്ഷപ്പെട്ടു അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ആന്തരികമായിട്ടായിരിക്കും താൻ ഒരാളോട് ഒരു ദ്രോഹം ചെയ്ത് അയാൾക്ക് മാനസികമായി അയാൾക്ക് സ്വയം പീഡ അനുഭവപ്പെടാം അങ്ങനെയൊക്കെ വ്യക്തിനിഷ്ഠമായി താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് കുറ്റബോധം പശ്ചാത്തലം വ്യസനയൊക്കെ ഉണ്ടാവും പുറമേ അതിന് ശിക്ഷിക്കണമെന്നില്ല അത് സംഭവിക്കാം മനസ്സിൽ അത് താൻ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായി താൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതിനപ്പുറം പാപമെന്ന് പറയുന്ന ഒരു സംഗതി പുരോഹിതന്റെ സൃഷ്ടിയാണല്ലോ അങ്ങനെ ഒരു കാര്യമില്ല പുണ്യവും ഇല്ല ഇവിടെ പറയുന്ന എന്താണ് ബ്രഹ്മജ്ഞാനി മനുഷ്യാഭിമാനം ഇല്ലാത്തതുകൊണ്ട് നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേയാ പാവമില്ല എന്തുകൊണ്ട് തിരിയകാരി മൃഗങ്ങളെ പോലെ മൃഗങ്ങൾ പാവം ചെയ്ത പാപമില്ല ഇത് ഭിന്നകർമ്മ ആപാത ഭിന്നകർമ്മം വരും ഭിന്നകർമ്മത്വം എന്ന് വെച്ചാൽ എന്താണ് നിഷിദ്ധമായ കർമ്മങ്ങളെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ആപത്തി ബ്രഹ്മജ്ഞാനി നിഷിദ്ധകർമ്മങ്ങളെ ഉല്ല പ്രവർത്തിക്കുക ഉല്ലംഘിക്കുക എന്നുള്ളതാണ് ഭിന്നകർമ്മത്വം ഭിന്നകർമ്മത നിഷിദ്ധകർമ്മങ്ങളെ ഉല്ലംഘിക്കുക അല്ലെങ്കിൽ ഭിന്നകർമ്മതയ്ക്ക് വേറെ അർത്ഥം പറയാൻ എന്താണ് നിഷിദ്ധമായ കർമ്മങ്ങൾക്ക് ബലം എന്ന് പറയുന്നത് പാപമാണ് ബ്രഹ്മജ്ഞാന് നിഷിദ്ധകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടാതെ ഭിന്നകർമ്മം അപ്പോൾ മറ്റുള്ളവർ അജ്ഞാനികൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ അജ്ഞാനികൾ നിഷിദ്ധകർമ്മം ചെയ്ത അവർക്കൊക്കെ പാപം ഉണ്ടാവും ബ്രഹ്മജ്ഞാനി നിഷിദ്ധകർമ്മം ചെയ്താൽ പാപമില്ല അതാണ് ഭിന്നകർമ്മത്വം ഒരേ പാപകർമ്മത്തിന് രണ്ട് ഫലം അജ്ഞാനികൾക്കൊക്കെ നരകഫലവും ബ്രഹ്മജ്ഞാനികൾക്ക് ഫലമില്ല ഇങ്ങനെ ഒരു ഭിന്നകർമ്മത്വ ആപത്തി അതൊരു ദോഷമാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പിന്നെ കർമ്മത്വാപത്യെന്ന് പറയുന്ന ദോഷം വരും ഇപ്പൊ ഇവിടെ പറയുന്ന ഗുരുവക്ഷ പറയുന്ന എന്താണ് ബ്രഹ്മജ്ഞാനിക്ക് നിഷിദ്ധകർമ്മം ചെയ്യാം ആര് യാതൊരു ദോഷവും ഇല്ല പഴയ നിയമമായ കർമ്മം ചെയ്താൽ പുണ്യം കിട്ടുമെന്നാണ് പഴയ കാഴ്ചപ്പാട് ഇത് തന്നെ തികച്ച സംബന്ധമാണ് വിഹിതമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധ കർമ്മം ചെയ്താൽ ശരിയല്ല അവര് വിഹിതകർമ്മം എന്ന് പറയുമ്പോൾ വേദത്തിൽ പറഞ്ഞ യാകും പറ്റുവാണ് അത് ചെയ്താൽ പിന്നെ പുണ്യമേ കിട്ടാൻ വഴിയുള്ളൂ വേറെ വഴിയും നിഷിദ്ധമെന്ന് പറഞ്ഞാൽ മദ്യപാനം പോലെയുള്ള അത് ചെയ്ത് കഴിഞ്ഞാൽ പാപമാണ് കിട്ടേണ്ടത് ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ എന്തുവരുന്നു ഭിന്ന കർമ്മത്വം വരുന്നു ഇതിനെ നിഷേധിക്കുന്നു വൈവം പറയുന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ സിദ്ധാന്തം വ്യാഖ്യാനിക്കും